അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ച് തങ്ങൾക്ക് മുമ്പുള്ളവരുടെ അന്ത്യം എങ്ങനെയായിരുന്നുവെന്ന് നോക്കിയില്ലേ അവർ ഇവരെക്കാൾ എണ്ണത്തിൽ കൂടുതലും ശക്തിയിൽ കരുത്തരും ഭൂമിയിൽ കൂടുതൽ അടയാളങ്ങൾ അവശേഷിപ്പിച്ചവരുമായിരുന്നു എന്നാൽ അവർ സമ്പാദിച്ചതൊന്നും അവർക്കുപകരിച്ചില്ല